നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അള്ളാഹു സുബഹാന ഹു വറ്റ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു ഒരു ആണിന് രണ്ടു പെണ്ണുങ്ങളുടെ ഓഹരിക്കു തുല്യമായ ഓഹരി ലഭിക്കേണ്ടതാണ് അവർ രണ്ടു പേരിൽ കൂടുതൽ പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ അവർക്കവശേഷിപ്പിച്ചതിന്റെ മൂന്നിലെ രണ്ട് ലഭിക്കും ഒരാൾ മാത്രമാണെങ്കിൽ അവൾക്ക് പകുതി ലഭിക്കും മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കളിൽ ഓരോരുത്തർക്കും അവശേഷിപ്പിച്ചതിൽ നിന്ന് ആറിലൊന്നു വീതം ലഭിക്കും മക്കളില്ലാതിരിക്കുകയും മാതാപിതാക്കൾ അനന്തരാവകാശികളാവുകയും ചെയ്താൽ ഉമ്മയ്ക്കു മൂന്നിലൊന്നു ലഭിക്കും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഉമ്മയ്ക്ക് ആറിലൊന്ന് ലഭിക്കും അദ്ദേഹം നിർദ്ദേശിച്ച വസീയത്തിനോ കടത്തിനോ ശേഷമായിരിക്കുമിത് നിങ്ങളുടെ മാതാപിതാക്കളിലാണോ മക്കളിലാണോ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരം ലഭിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല ഇത് അള്ളാഹു സുബഹാനഹൂവത്തായാല നിശ്ചയിച്ച നിയമമാകുന്നു തീർച്ചയായും അള്ളാഹു സുബഹാനഹൂവത്തായാല എല്ലാം അറിയുന്നവനും യുക്തിമാനുമാകുന്നു